ഭഗവത് പ്രാപ്തി ഓരോ ജീവന്റെയും ലക്ഷ്യമാണ് അത് പ്രാപിച്ചാലേ പൂർണമായ തൃപ്തി ഉണ്ടാവുകയുള്ളു ധർമ്മം അർത്ഥം കാമം ഇതൊന്നും ആത്യന്തികമായ ഒരു ജീവന് തൃപ്തി നൽകില്ല ഇന്നലെ സുഖം ആത്യന്തികം എന്ന് പറഞ്ഞല്ലോ ആത്യന്തികമായി തൃപ്തി എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടു പോവാത്ത തൃപ്തി പരിപൂർണ തൃപ്തി ഒരു ജീവന് ബ്രഹ്മജിജ്ഞാസ കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ യശ്ചേഹ കർമ്മിഹി ജീവന് തത്വജിജ്ഞാസ ഉണ്ടാവണം പരമാത്മതത്വം അറിയണം എന്നുള്ള ജിജ്ഞാസ ഉണ്ടാവണം ആ ജിജ്ഞാസ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നു അനേക വിഷയങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മനസ്സ് ഭഗവാനിൽ നിഷ്ഠയാവും ബുദ്ധിസ്ഥിരാ ഭീശ്വര പാദപത്മസക്ത വധൂ വിരഹിണീവ സദാസ്മരത്തി സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദിഷു ശിവമന്ത്ര ജപേ നവിന്ദേ ആചാര്യസ്വാമികൾ ശിവാനന്ദലഹരിയിൽ അവസാനം പറയാ ശിവമന്ത്രജപം ശിവമന്ത്രജപം എന്ന് വെച്ചാൽ ഏത് ഇഷ്ടദേവമോ നാരായണ മന്ത്രജപമോ ആവാം നമ്മളുടെ ഇഷ്ടമന്ത്രം ഭഗവാന്റെ മന്ത്രം നിരന്തരം ജപിക്കുന്നു എന്തിനാ ജപിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് പ്രിയം ഏർപ്പെടുമ്പോ അവരുടെ നാമം കേൾക്കാൻ രുചി തോന്നും ഭഗവാന്റെ നാമത്തിൽ രുചി മനസ്സ് ഭഗവാനെ അനുസ്യൂതം സ്മരിക്കണമെങ്കിൽ ഭഗവാന്റെ നാമത്തിനെ നിരന്തരം ഉരുവിടണം അങ്ങനെ ശിവമന്ത്ര ജപേന് ആ ജപം കൊണ്ട് എന്തു സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ബുദ്ധി സ്ഥിരാഭവിത്തും ബുദ്ധി അനേക വിഷയങ്ങളിലെ ചലിക്കാതെ സ്ഥിരാഭവിത്തും നിൽക്കാനായിട്ട് ഈശ്വര പാദപത്മസക്ത ഭഗവാന്റെ പാദപത്മത്തിൽ സക്തമായിട്ട് എങ്ങനെ അതിനുദാഹരണം പറയാണ് വധൂഹു വിരഹിണീവ സദാസ്മരന്തി പുതിയതായിട്ട് വിവാഹം കഴിച്ച് ഒരു പുരുഷനും സ്ത്രീയും അവര് തമ്മിൽ പിരിഞ്ഞു പുരുഷൻ എങ്ങോട്ടോ ദൂരയാത്രയ്ക്ക് ചെന്നാൽ ഈ സ്ത്രീ യാതൊരു പ്രയത്നവും വേണ്ട മനസ്സ് സദാഭർത്താവ് വരുന്നതും കാത്തുകൊണ്ടിരിക്കും അതുപോലെ വധൂഹു വിരഹിണീവ സദാസ്മരന്തി അതുപോലെ ബുദ്ധി ഭഗവത് പ്രാപ്തിക്കായിട്ട് കാത്തുകൊണ്ടിരിക്കും ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് ബുദ്ധി തയ്യാറായാൽ മറ്റുള്ളതൊക്കെ മറന്നു കളയാം മറ്റുള്ളതിലൊന്നും രുചിയില്ലാതായിട്ട് തീരുന്നു ഇതരരാഗവിസ്മാരണം നിറണം ഗോപസ്ത്രീകൾ ഗോപികാഗീതത്തിൽ ഭാഗവതത്തിൽ പറയുന്നു മറ്റുള്ളതിലൊക്കെ ഉള്ള രാഗം വിട്ടുപോയി ഇതരരാഗവിസ്മാരണം ഭഗവാനോട് രാഗമുണ്ടാവുമ്പോ മറ്റുള്ളതിലുള്ള രാഗമൊക്കെ വിട്ടുപോകും അപ്പൊ വൈരാഗ്യം എന്നുള്ളത് സഹജമായിട്ട് അപ്പൊ ഭഗവത് ധ്യാനം ഭഗവാന്റെ നാമം നിരന്തരം ഉരുവിട്ട് സങ്കീർത്തനം ചെയ്ത് ധ്യാനം ചെയ്ത് സദ്ഭാവനാസ്മരണ ദർശന കീർത്തതാദിഷം സദ്ഭാവന എന്ന് വെച്ചാലോ ഭഗവാന്റെ ദിവ്യരൂപത്തിനെയും ഭഗവത് കഥകളെയും ഭാവന ചെയ്യുന്നു അത് സത്സംഗത്തിൽ നടക്കും സത്സംഗത്തിൽ നമ്മൾ അറിയാതെ സാധുക്കളുടെ മഹാത്മാക്കളുടെ കഥയും ഭഗവാന്റെ കഥയും കേൾക്കുമ്പോൾ നമുക്ക് സദ്ഭാവന അല്ലെങ്കിൽ അസദ്ഭാവന അസദ്ഭാവന ജഡമായ വസ്തുക്കൾ ഉണ്മയാണെന്നുള്ള ഭാവന അസദ്ഭാവന ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതും ആത്മധ്യാനം ചെയ്യുന്നതും സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദി അത് സ്മരിക്കുക ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ദിവ്യക്ഷേത്രങ്ങളെ ദർശിക്കുക കീർത്തനം ചെയ്യുക ഇങ്ങനെ പതുക്കെ പതുക്കെ വശപ്പെട്ട ബുദ്ധി പതുക്കെ പതുക്കെ രണ്ടു മാർഗത്തിലൂടെ മനസ്സ് ചരിക്കും ചിലപ്പോ ഡിച്ചിലൂടെയും ചലിക്കും ചിലപ്പോ തീർഥത്തിലൂടെയും ചലിക്കും ഈച്ചയെ പോലെയാണ് രാമകൃഷ്ണ പരമവംശർ പറയും സാധാരണക്കാരന്റെ മനസ്സ് ഈച്ചയെ പോലെ മലത്തിലും ഇരിക്കും മധുരപലഹാരത്തിലും ഇരിക്കും കുറച്ചുനേരം ലൌകികമായ അസത് പദാർത്ഥങ്ങളിലും ഇരിക്കും ചിലപ്പോഴൊക്കെ സത്സങ്കലത്തിലും അമ്പലത്തിലും ഒക്കെ വന്നിരിക്കും എന്നാൽ സജ്ജനങ്ങളുടെ മനസ്സോ തേനുണ്ണുന്ന വണ്ടുപോലെ പുഷ്പത്തിലെ തേൻ മാത്രമേ കുടിക്കുകയുള്ളൂ ദുർഗന്ധം വഹിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കില്ല അപ്പോ ആദ്യമൊക്കെ മനസ്സിച്ചയെ പോലെ അശുഭത്തിലും പോകും ശുഭത്തിലും പോകും ചിലപ്പോ അശുഭത്തിലേ പോവുകയുള്ളൂ ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തീ വാസനാസരി പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ ഈ വാസനകളുടെ വാസനകളെ ആശ്രയിച്ച് മനസ്സ് ചിലപ്പോ ശുഭമാർഗത്തിൽ ചെല്ലും ചിലപ്പോൾ അശുഭമാർഗത്തിൽ ചെല്ലും നമ്മൾ സത്സംഗം കൊണ്ടും ധ്യാനം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും അത് തന്നെയാണ് തപസ് മനസ്സിനെ അശുഭമാർഗത്തിൽ നിന്ന് ശുഭമാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നു മനസ്സിനോട് പഠി പറയണം എന്നാണ് മനസ്സെ ഡിച്ചില് ഈ എന്തിനാ പോയി കളിക്കണത് മാഗച്ച മനസ്സിനോട് പറയാ മനസ്സെ അങ്ങടും ഇങ്ങടും അലയണ്ട എന്നാണ് ഭഗവാനോടും പറയാ ഒരു ശ്ലോകത്തിൽ മനസ്സിനോട് പറയുന്നു ഒരു ശ്ലോകത്തിൽ ഭഗവാനോട് പറയുന്നു ആദ്യം മനസ്സിനോട് പറഞ്ഞു മനസ്സെ നീ എന്തിനാ ഈ ലോകത്തിലും മറ്റു ലോകത്തിലും അലഞ്ഞു നടക്കുന്നത് ശമ്പുധ്യാന സരോവരം മനസ്സേ പരമേശ്വരന്റെ ധ്യാനമാകുന്ന ദിവ്യമാനസ സരസുണ്ട് ആ സരസിലേക്ക് പോകും മാനസസരസിൽ വിഹരിക്കുന്ന ഹംസമായിട്ട് തീരൂ മനസ്സെ പൊട്ടക്കുളത്തിൽ നിൽക്കുന്ന കാക്കയെ പോലെ അലയാതെ മാനസസരസിൽ വിഹരിക്കുന്ന ഹംസമായിട്ട് ശമ്പുധ്യാന സരോവരം വ്രത മനോഹംസാവതംസ സ്ഥിരം കിം ക്ഷുദ്രാശ്രയ പല്ല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി ത്യാഗരാജസ്വാമികളുടെ അനേക കീർത്തനങ്ങളും മനസ്സിനോടുള്ള ബോധനമാണ്യൂ ലോകത്തിലുള്ള സമ്പത്തും സമൃദ്ധിയിലുമാണോ സുഖം രാമസന്നിധിയിൽ ഇരുന്നുകൊണ്ട് രാമനെ സേവിക്കുന്നതും ധ്യാനിക്കുന്നതും ആണോ സുഖം ലൗകിക വിഷയങ്ങളാവുന്ന ചളിവെള്ളം ഒഴുകുന്ന ചാലിലെ വെള്ളം കുടിക്കണോ അതാ അഥവാ രാമഭക്തിയാകുന്ന അമൃതം കുടിക്കണോ മനസ്സെ സ്വയം തീരുമാനിക്കൂ എന്നാണ് മനസ്സിനോട് ചോദിക്കാം അപ്പൊ മനസ്സിനോട് നമുക്ക് നാമം ജപിക്കുമ്പോഴൊക്കെ മനസ്സിനോട് സംവാദം ചെയ്യാം മനസ്സെ അലഞ്ഞു നടക്കരുത് ഹൃദയത്തിലേക്ക് വരൂ എന്തിനാ പുറം ലോകത്തൊക്കെ അലഞ്ഞു നടക്കണത് മറ്റൊരു ശ്ലോകത്തിൽ പറഞ്ഞു ഭഗവാനോട് ഭഗവാനെ എന്തിനാ അലഞ്ഞു നടക്കണത് എന്റെ ഹൃദയത്തിൽ വരൂ എന്നാണ് മാഗച്ച ഗിരിശഭോ മയേ വാസം കൂരു സ്വാമിന് ആദിരാതമാമകാര സീമന്തരെ വർത്തേ ബഹുദാ മദജുഷോമാസ മോഹയ താൻ ഹൃഗയാ വിനോദരുചിത ലാഭം ചാ ശ്രീശൈലത്തിൽ മല്ലിഗാർജുനശിവന് മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരി ശിവ ആനന്ദ ലഹരി എന്ന പേരിലുള്ള ഈ നൂറ് ശ്ലോകങ്ങള് എഴുതിയത് മല്ലികാർജുന മഹാലിംഗം ശിവാലിംഗിതം എന്ന് അതിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് മല്ലികാർജുന ശിവൻ അർജുനനുമായിട്ട് യുദ്ധം ചെയ്ത കിരാത അർജുനനാണ് കിരാതവേഷം ധരിച്ച ആളാണ് പശുപതി പാശുപദാസ്ത്രം കൊടുക്കാനായി അർജുനനോട് ചണ്ടകൂടാൻ വന്നപ്പോ കിരാതവേഷം കെട്ടിയ ആളാണ് അപ്പൊ കിരാതവേഷത്തിൽ നിൽക്കുന്ന അമ്പും വില്ലും ഒക്കെ പിടിച്ച് വേട്ടയ്ക്ക് പോകുന്ന രൂപത്തിലുള്ള പരമേശ്വരനോട് ആചാര്യസ്വാമികൾ പറയാണ് ഭഗവാനെ മാഗച്ഛാ ത്വം ഇതാം ഇതഹ തതഹ മാഗ ചിലപ്പോ ഇതഹ എന്റെ അടുത്തേക്ക് വരുന്നു ചിലപ്പോ തതഹ അവിടെ എവിടെയെങ്കിലും ഒക്കെ കാണുന്ന വസ്തുക്കളിലൊക്കെ അലഞ്ഞു നടക്കുന്നു മാഗച്ഛം ഇതോ ഗിരി ഗിരിശൻ എന്നു വെച്ചാൽ മലയിൽ വസിക്കുന്ന മലവേടൻ ഗിരിശഭോ മയ്യേ വാസം കുറൂം എന്നിൽ തന്നെ വസിക്ക എന്റെ ഹൃദയത്തില് വസിക്ക എന്റെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം ഒന്നിൽ ഭഗവാൻ വസിക്കും അല്ലെങ്കിൽ മനസ്സ് വസിക്കും രണ്ടും ഒന്നിച്ചു വസിക്കില്ല ഭഗവാൻ വസിച്ചാൽ അവിടെ മനസ്സുണ്ടാവില്ല മനസ്സ് വസിച്ചാൽ അവിടെ ഭഗവാൻ ഉണ്ടാവില്ല ഭഗവാൻ ഹൃദയത്തിൽ വസിക്കുകയാണെങ്കിൽ ചിത്തവൃത്തികൾ ഉണ്ടാവില്ല സമാധിഭാവം ധ്യാനഭാവം ഹൃദയത്തിൽ ഉണ്ടാവും അത് ഭഗവാന്റെ വാസം മാഗച്ചിരി ആദി കിരാത ആദി കിരാതൻ ആദ്യത്തെ വേട്ടക്കാർ ആദി കിരാത മാമകമന കാന്താരസിമന്തേ എവിടക്കാ പോണം പരമേശ്വരനോട് ചോദിക്ക എവിടക്കാ പോണം ഏയ് ഞാൻ വേട്ടയ്ക്ക് പോവാ കാര്യൊന്നുമില്ല ഒന്നാമത് കാടൊക്കെ ഞങ്ങൾ വെട്ടിത്തെളിച്ചു റബ്ബർ വെച്ചിരിക്കണപ്പൊ മരവൊക്കെ വെട്ടിത്തെളിച്ചിട്ട് ഇനിയിപ്പോ മൃഗയാ വിനോദരുചി അങ്ങൃഗയാ വിനോദരുചി ഉണ്ടെങ്കിൽ വേട്ടയാടാൻ മൃഗങ്ങളെ വേട്ടയാടണമെങ്കിൽ എവിടെ ഞങ്ങളൊക്കെ മൃഗം ഉള്ളതേ അവിടെ ഒന്നും ഇല്ല ഉള്ളത് കുറച്ച് പിടിച്ച് ധൂവിലൊക്കെ വെച്ചിരിക്കാം മറ്റു മൃഗങ്ങൾ നല്ല മൃഗങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ കാട്ടിൽ പോയാൽ കിട്ടൂല ആനകളെയൊക്കെ കൊമ്പിനു വേണ്ടി കൊല്ലുന്നു ഒന്നും കിട്ടില്ല അപ്പൊ ഭഗവാനോട് പറയുക ആചാര്യസ്വാമികൾ കാട്ടിൽ നടന്നിട്ട് അങ്ങക്ക് മൃഗയാ വിനോദം നടക്കില്ല കാടേ ഇല്ല കാടൊക്കെ നാടാക്കിയിരിക്കുന്നു അവിടെ മൃഗങ്ങളുമില്ല അതുകൊണ്ട് മൃഗയാവിനോദരുചിത ലാഭം ആ മൃഗയാവിനോദം ചെയ്യണമെങ്കിൽ വേട്ടയാടണമെങ്കിൽ നല്ല കാട് ഞാൻ കാണിച്ചു അവിടെ ധാരാളം മൃഗങ്ങളുണ്ട് ഭയങ്കരമായ കാട് ധാരാളം മൃഗങ്ങളുള്ള ഒരു കാട് ഉണ്ട് മാഗച്ചിരിശവോ മയ്യേവവാസം കുറും സ്വാമിന് ആദികിരാമകമനാന്താര സീമന്തരേ എന്റെ മനസ്സിന്റെ കാന്താർ മനസ്സാകുന്ന കൊടുങ്കാട് അതിന്റെ ബൗണ്ടറിക്കുള്ളിൽ മാത്രം നടന്നാ മതി വർത്തന്റെ അവിടെ എന്തുണ്ട് എന്ന് വെച്ചാൽ വർത്തന്റെ ബഹുധ ധാരാളം ഉണ്ട് എന്നാണ് എന്റെ കാ മനസ്സാകുന്ന കാട്ടില് ധാരാളം ഉണ്ട് എന്തുണ്ട് മതജുഷ മാത്സര്യ മോഹാദയഹ പുലിയും സിംഹവും കുർക്കനും ഒക്കെ ഉണ്ട് കോപമാവുന്ന പുലിയും ഗർജനം അഹങ്കാരമാവുന്ന സിംഹം അവിടെ നടക്കുന്നു മറ്റുള്ളവരെ ചതിക്കുന്ന സൂത്രകാരനായ കുറുക്കൻ എന്റെ ഉള്ളിലുണ്ട് മറ്റുള്ളവർ കാഷ്ടിച്ചത് തിരുന്ന അജ്ഞാനമാവുന്ന കാള് എന്റെ ഉള്ളിലുണ്ട് ലോകത്തിലെ മരുമരീചികയിൽ വെള്ളമുണ്ട് എന്ന് ഓടി ഭ്രമിച്ചിട്ടുള്ള മാനുകൾ എന്റെ ഉള്ളിലുണ്ട് എന്തിനെ വേട്ടയാടണമെങ്കിലും ഈ കാട്ടിന് ഉള്ളിൽ നടന്നാ മതി മൃ അങ്ങയ്ക്ക് മൃഗങ്ങളെ വേട്ടയാടിയതിന്റെ സുഖം അങ്ങക്ക് കിട്ടുകയും ചെയ്യും എനിക്ക് അങ്ങയുടെ സാന്നിധ്യം എന്റെ ഉള്ളിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എങ്ങോട്ടും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്റെ ഉള്ളിലേക്ക് വരിക എന്നാണ് അവിടുന്നല്ലാതെ എനിക്ക് വേറെ ആരും ഗതിയില്ല അവിടുത്തെ പാദത്തിനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു എന്റെ ഹൃദയത്തിൽ വന്നിരിക്കൂ ഭഗവാനെ ഹൃദയത്തിൽ വന്ന് ഇരുന്നാൽ ഭഗവാൻ വന്ന് ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ എന്തു ചെയ്യും ഹൃദയത്തിൽ ഇപ്പോൾ ഭഗവാൻ വന്നിരിക്കേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ നമ്മളുടെ ഭാവനയ്ക്ക് ഭഗവാനെ വിളിക്കുന്നു നാരദ മഹർഷി ഭാഗവതത്തിൽ പറയുന്നു ഞാൻ വീണമേട്ടി നാമസങ്കീർത്തനം ചെയ്താൽ വിളിച്ചു പോലെ ഹരി ഹൃദയത്തിലേക്ക് വരും ആഹൂതൈവമേ ശീഘ്രം ദർശനം യാതി ചേതസി അപ്പൊ ഹരിയെ വിളിച്ചു പുറത്തെവിടെങ്കിലും ആണോ എന്ന് വെച്ചാൽ നമ്മുടെ ഭാവനക്ക് നമുക്ക് അപ്പോഴല്ലേ അനുഭവത്തിൽ വരുന്നുള്ളൂ അനുഭവത്തിൽ വരുമ്പോ ഭഗവാൻ വന്നു അനുഭവത്തിൽ ഇല്ലാത്തപ്പോ ഭഗവാൻ പോയി അപ്പൊ ഭഗവാൻ നമ്മളുടെ അന്തരാത്മാവാണ് നമുക്ക് സിദ്ധമായ വസ്തുവാണ് നമ്മളുടെ തന്നെ സ്വരൂപമാണ് പക്ഷെ ആ സ്വരൂപസുഖത്തിനെ അനുഭവിക്കണം അതിന് ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്ന് സദ്ഗുരുവായി നമുക്ക് ഉപദേശവും ചെയ്യണം പുറമേക്കുള്ള ഗുരു ഉപദേശിച്ചാലും പോരാ പരമേക്കുള്ള ഗുരു അഗമേക്ക് പ്രവേശിച്ച് അഗമേ ഉള്ള നമുക്ക് ഉപദേശിക്കണം ത്വദം ഭുജമർച്ചയാ പരമ യാമി അന്വഹം മീശം ശരണമി വജസ മേ വിഭോ വീക്ഷാ മേ ദിശ ചാക്ഷുഷീ സകരുിരം പ്രാർത്ഥിത ശംഭോ ലോകഗുരോ മതീയമനസഹ സൗഖ്യോപദേശം കുരു ത്പാദാം അർച്ചയാമി ഇതൊക്കെ ധ്യാനമാണ് ധ്യാനയോഗം എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയുന്നതിനേക്കാളും നമുക്ക് ഭഗവാനെ വർണ്ണിക്കുന്നതേ ധ്യാനം ത്വദാം ഭുജമർച്ചയാമി ഭഗവാന്റെ പാദപത്മത്തിനെ ഞാൻ അർച്ചിക്കുന്നു ത്വത്പാദം ഭുജമർച്ചയാമി പരമം ിന്തയാമി അന്വഹം ഓരോ ക്ഷണവും അവിടുത്തെ ഞാൻ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു ം ചിന്തയാ അന്വഹം ഇനിപ്പോ ത്വാമീശം ശരണം വ്രാമീ മനസാ വചസ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അവിടുന്നേ ഗതിയുള്ളൂ വേറെ ആരെയെനിക്ക് ഗതിയില്ല എന്ന് ശരണം പ്രാപിക്കുന്നു ത്വാമീശം ശരണം വ്രജാമി വജസ ത്മേവയാച്ചേ വിഭോ കുടുംബത്തിലോ ലോകത്തിലോ ശരീരത്തിലോ മനസ്സിലോ എന്തെങ്കിലും കഷ്ടം വന്നാൽ എനിക്ക് ചോദിക്കാനായിട്ടും എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും എനിക്ക് ഒരു കംപ്ലൈന്റ് പറയാനായിട്ടും ഇവിടെ വേറെ ആരും ഇല്ല അവിടുത്തെ വിട്ടാ എനിക്ക് ആരും ഇല്ല അതുകൊണ്ട് ത്വാമേ വയാ വിഭോം എന്താ യാചനം വീക്ഷാം മേദിശക്ഷുഷീം എന്റെ കണ്ണിനു കാണുന്ന പോലെ മുമ്പിൽ വന്ന് നിൽക്കുക വീക്ഷാം മേ ദിശ ചുഷീം സ കരുണാം അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രം അതിന് നീ എന്ത് സാധന ചെയ്തിട്ടുണ്ട് എത്ര തപസ് ചെയ്തിട്ടുണ്ട് എത്ര ജപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്ത ജപത്തിനു കൂലിയായിട്ട് ഭഗവാൻ ഇപ്പൊ വന്ന് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല അതിനുള്ള യോഗ്യതയോ ഒന്നും നമ്മളുടെ സാധനയ്ക്കില്ല നമ്മളുടെ ശ്രദ്ധയ്ക്കില്ല നമ്മളുടെ ശ്രദ്ധയും സാധനയും വിശ്വാസവും വെച്ചുകൊണ്ട് ഭഗവത് പ്രാപ്തി എന്ന് വെച്ചാൽ ദ്വാരമുള്ള തോണിയില് സമുദ്രം കിടക്കണ പോലെയാണ് എപ്പോ മുങ്ങിപ്പോകുന്നറിയില്ല അപ്പൊ ഭഗവാന്റെ കാരുണ്യം എന്നുണ്ടെങ്കിൽ ഭഗവാൻ മുമ്പിൽ പ്രകാശിക്കണം സകരുണാം ദിവ്യ ചിരം പ്രാർത്ഥിതാം ദേവന്മാരു പോലും പ്രാർത്ഥിച്ചിട്ടുള്ള ആ ദിവ്യൂപ ദർശനം അങ്ങനെ ഹൃദയത്തിൽ പ്രകാശിച്ച് മുമ്പിൽ ദർശനം തന്നിട്ട് എന്തു വേണം ശമ്പോ ലോകഗുര അവിടുന്ന് മുമ്പിൽ എങ്ങനെ ദർശനം തരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ശൂലധാരിയായിട്ടോ ജടാധാരിയായിട്ടോ ഒന്നും പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ ലോകഗുരു എനിക്ക് എന്റെ സദ്ഗുരുവായിട്ട് എന്റെ മുമ്പിൽ വരണം എന്നാണ് പരമേശ്വരൻ ജഗദ്ഗുരുവാണ് ദക്ഷിണാമൂർത്തിയാണ് അവിടുന്ന് ദക്ഷിണാമൂർത്തിയായി മറിഞ്ഞിരുന്നാ പോരാ ദക്ഷിണാ അമൂർത്തി മൂർത്തിയല്ല ദക്ഷിണാ അമൂർത്തിയാണ് അദ്ദേഹം രൂപമില്ല എന്നാണ് അപ്പൊ മറഞ്ഞിരുന്നാ പോരാ എന്റെ മുമ്പിൽ ആവിർഭവിച്ച് ഉപദേശം കുരു അതാണ് പ്രാർത്ഥന എനിക്ക് എങ്ങനെയാണെങ്കിൽ എനിക്ക് പരിപൂർണ തൃപ്തി ഉണ്ടാവുമോ ശാന്തി ഉണ്ടാവുമോ ഇനിമേലാൽ യാതൊരാഗ്രഹവും ഉണ്ടാവില്ലയോ അങ്ങനെ ഒരു ഉപദേശം എനിക്ക് തരുക എന്നാണ് സൗഖ്യോപദേശം കുരു മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമ അല്ലെ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരിനാരായണായ നമ ആ ഭഗവാൻ തന്നെ വരുത്തുവതിനാളായി നിൽക്കണം ഉപദേശം നമുക്ക് അനുഭവത്തിന് നമുക്ക് ഏൽക്കണമെങ്കിൽ സർവേശ്വരൻ തന്നെ സദ്ഗുരുവായി നമുക്ക് ഉപദേശിക്കണം ഒരു വിളക്കുന്നേ ഇനി വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ ജ്വലിച്ച സ്ഥലത്തുനിന്നേ ജ്വലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ വെറും വാക്കുകളോണ്ട് പ്രയോജനമില്ല അപ്പോ ധ്യാനം എവിടെ സിദ്ധമാണോ അവിടുന്ന് ധ്യാനം നമുക്ക് ഏൽക്കൊള്ളു സംഗമേശ്വര സ്വാമി താപസനായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കണു എന്ന് വെച്ചാൽ നമുക്ക് അനുഗ്രഹം ചെയ്യാനായിട്ട് ആ സന്നിധിയില് നമുക്ക് ശാന്തി ഏർപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ശാന്തി ഭഗവാന്റെ ദീക്ഷാശക്തിയാണ് ആ ദീക്ഷാശക്തി നമ്മളുടെ മനസ്സിനെ അടക്കി നമുക്ക് ധ്യാന രുചി ഏർപ്പെടുത്തുന്നു രുചി ഏർപ്പെട്ടുകഴിഞ്ഞാൽ മനസ്സിന് ഉള്ളിലുള്ള രുചി ഏർപ്പെട്ടാൽ പിന്നെ പുറമേക്ക് രുചിയും ഉണ്ടാവില്ല ധ്യാനത്തിൽ രുചി ഏർപ്പെട്ടാൽ പിന്നെ വിഷയത്തിൽ രുചിയും ഉണ്ടാവില്ല ധ്യാനത്തിൽ രുചി ഏർപ്പെടാത്തവർക്ക് പുറം വിഷയങ്ങളിൽ രുചിയും ലോക വിഷയങ്ങൾ കിട്ടുവോ എന്നുള്ള സ്വപ്നവും ഉണ്ടാവും ഭർത്തൃഹരി പറഞ്ഞു ധന്യന്മാരായിട്ടുള്ള യോഗികളെ എവിടെയോ ഹിമാലയത്തിലെ ഏതോ ഗുഹയിലിരുന്ന് ധ്യാനിക്കണോ ധ്യാനിക്കുമ്പോ അവർക്ക് ഹൃദയത്തില് ആത്മജ്യോതിസ് പ്രകാശിക്കുന്നു ആ ആനന്ദത്തിൽ കണ്ണിൽ നിന്നും ആനന്ദാശ്രു ഒഴുകുന്നു കുരുവികള് യാതൊരു ശങ്കയും കൂടാതെ മടിയിൽ വന്നിരുന്ന് ആ ആനന്ദാശ്രു കുടിക്കുന്നു എന്നാണ് അവര് ധന്യാനാം ഗിരികന്ധരേഷുവസതാം ജ്യോതിഷ്പരം ധ്യായതാം ആനന്ദാശ്രു കണാൻ പിബന്തി ശകുനാഹ ശങ്കമങ്കേഷകം തു മനോരഥോപരചിത പ്രാസാദവാപീതട തൃഷ്ണാകാനന കേളി കൗതുകജുഷാ ആയുഃ്പം ക്ഷീയത്തെ ഈ ധന്യന്മാരായിട്ടുള്ള യോഗികള് ഹൃദയത്തിൽ ആനന്ദമനുഭവിച്ച് ധ്യാനിച്ച് കണ്ണീരൊഴുക്കുമ്പോ നമ്മളിവിടെ അസ്മാകം തു നമ്മളുടെ കഥയെന്താ എന്ന് വെച്ചാൽ മനോരഥ ഉപരചിത പ്രാസാദം നില കെട്ടിടം കെട്ടി മുമ്പിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അതിൽ കളിച്ച് രസിക്കുന്നു എത്ര എവിടെ സ്വപ്നത്തില് നേരിട്ടല്ല സ്വപ്നത്തില് മനോരഥോപരചിതം മനോരഥം കൊണ്ട് മാളിക കെട്ടി പൂന്തോട്ടം കെട്ടി രസിച്ച് അതിൽ തന്നെ സമയം പോകുന്നു എന്നാണ് മനോരഥത്തിലേ സമയം പോയിക്കൊണ്ടിരിക്കും ആനന്ദമുണ്ട് ധ്യാനത്തിന്റെ രുചി ഏർപ്പെട്ട് കഴിഞ്ഞാൽ പുറമേക്കുള്ളതിൽ രുചി ഏർപ്പെടുന്നില്ല അതാണ് ഭഗവാൻ ഇന്നലെ യം ലബ്വാ അപരം ലാഭം മന്യത്തെ അധികം തഥിൻ സ്ഥിത്തോന ദുഃഖേന ഗുരുണാ പി വിചാല്യത്തെ തം വിദ്യ ദുഃഖ സംയോഗിയോഗം യോഗ സംജിതം യോഗം എന്ന് വെച്ചാൽ എന്താ ഈ ശാന്തി ഉള്ളിൽ നിന്നും ലഭിക്കുന്ന പൂർണത്വം ആനന്ദമാണ് യോഗം അത് തന്നെ അറിയുന്നതുകൊണ്ട് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് തെളിഞ്ഞ് കാണുന്നതുകൊണ്ട് യോഗാനുഭവം ഉണ്ടാവുന്നു അത് താനല്ലാത്ത വസ്തുക്കളിൽ ഉള്ള ഭ്രമം വിട്ടുപോകും അപ്പോ ആ യോഗസ്ഥിതി നമുക്ക് നമ്മളെ കാണിച്ചു തരുന്നതാണ് യോഗസ്ഥിതി തന്നെ അറിയാതെ അജ്ഞാനത്തിലുള്ള ജീവിതം ദുഃഖത്തിനുള്ള പോക്കാണ് തന്നെ അറിഞ്ഞാലോ ആത്യന്തികം സുഖം എന്നാണ് അപ്പോ ആ യോഗം ആ യോഗം എന്ന് ഭഗവാൻ പറഞ്ഞു ഇന്നലെ യോഗം നിശ്ചയേന യോഗ്യ നിശ്ചയമായിട്ടും ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഈ യോഗസ്ഥിതി പ്രാപിക്കേണ്ടതാണ് എങ്ങനെയെങ്കിലും പ്രാപിച്ചേ ഒക്കൂ എന്നാണ് അപ്പൊ ആ യോഗസ്ഥിതി എങ്ങനെ പ്രാപിക്കും അതാണ് അടുത്ത് മൂന്ന് ശ്ലോകങ്ങളിൽ പറയുന്നത് നോക്കാം സൽ പ്രഭവാൻ കാൻ തയക്വാൻ അശേഷ മനസൈവേന്ദ്രി ഗ്രാമ വിയമ്യസമ ഉപരമേത് कृत्वा ുദ്ധ്യ ധൃതിഗൃഹീതയാത്മസംസ്തംഭനഃ यतो यतो നിശ്തി മനശ്ചലമസ്ഥിരം ോ നിത്മന്യേവശം നഗ്രഹങ്ങളെ ജയിക്ക ആഗ്രഹങ്ങളെ ജയിക്ക എന്ന് വീണ്ടും വീണ്ടും പറയാം പക്ഷെ ആഗ്രഹങ്ങളെ ഒക്കെ എങ്ങനെ ജയിക്കും അസാധ്യമാണോ വാസനകളെ എങ്ങനെ ജയിക്കും വാസനകളുടെ ഒക്കെ മൂലം സങ്കല്പമാണ് അതാണ് ഇവിടെ ഭഗവാൻ സങ്കല്പ പ്രഭവാൻ കാമാന് സങ്കല്പത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാമനകൾ നമ്മള് വിഷയങ്ങളെ സങ്കല്പിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ടെക്നീക് ടി വി കാര്ക്കും അറിയാം അതുകൊണ്ടാണ് ഏത് ചപ്പും നമ്മളെ കൊണ്ട് സങ്കല്പിപ്പിച്ച് വാങ്ങിപ്പിക്കാം എന്നവർക്കറിയാം അതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും കാണിക്കും കാണിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ അതാണ് വാസ്തവം തോന്നും എന്നിട്ട് പിന്നെ അത് വേണം എന്ന് തോന്നും രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു ധ്യായോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഉപജായത്തെ സംഘാത് സഞ്ജാത കാമ കാമാരോധോപിജാ ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യത്തി വിഷയങ്ങളെങ്ങനെ കണ്ട് കണ്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്യും ടി വിയിൽ അത് കണ്ടത് കൊണ്ടിപ്പോ എന്താ കൊഴപ്പം കൊറേ കണ്ടത് കൊണ്ടിപ്പോ നമ്മൾ അങ്ങനെ ആവണോ അങ്ങനെയൊന്നുമില്ല വെറുതെ കാണുന്നു അത് കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മൾ പറയും നമുക്ക് അറിയേയില്ല അത് ഉള്ളിൽ എന്ത് ചെയ്യണോ വിഷത്തിനേക്കാളും ഭയങ്കരമാണ് വിഷയം എന്നാണ് അതിൽ ഏകാരം അധികം എന്താ വിഷത്തിനും വിഷയത്തിനും വ്യത്യാസം എന്ന് വെച്ചാൽ ഏകദേഹ ഹരം വിഷം ആചാര്യസ്വാമികൾ പറയണു വിഷത്തിനെ കണ്ടതുകൊണ്ട് മരിച്ചവരാരും ഇല്ല സൈനൈഡ് നാവില് വെച്ചാ ഉടനെ മരിക്കും എന്നാണ് പറയണത് ആ സൈനൈഡ് പോലും കഴുത്തില് ഒരു ഡോളറിൽ കെട്ടി തൂക്കിയിട്ടാണ് ഈ തമിഴ് പുലികളും മാപ്പിളമാരും നടക്കുന്നത് അതുപോലും കഴുത്തിൽ കെട്ടി തൂക്കിയാ മരിക്കുന്നു അത് നാവില് വെച്ചാലേ മരിക്കൂ വിഷം നിഹന്തി ഭോക്താരംന്ന് വിഷം നാവില് വെച്ചാ മരിക്കും പക്ഷെ ഈ വിഷയമുണ്ടല്ലോ ദ്രഷ്ടാരം ചുഷാപ്യമി കണ്ണുകൊണ്ട് കണ്ടാ മതി എന്നാണ് ആട്ടെ മാത്രമല്ല ഈ വിഷം ഒരു ശരീരത്തിനേ ഹനിക്കുള്ളൂ ഈ വിഷയം ജന്മാന്തരഘനമുച്ചതേ വരുന്ന ജന്മങ്ങളെ ഒക്കെ ബാധിക്കും കുട്ടികളെ ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസമായ കുട്ടികളെ മേ മേ മേ മേ നിലവിളിച്ചിട്ട് ടി വി ടു എടുത്ത മിണ്ടാതിരിക്കണോ അത്ര എന്താന്ന് വെച്ചാ പൂർവജന്മത്തിൽ കണ്ടുകൊണ്ടേ മരിച്ചതാണ് അപ്പൊ ആ സീരിയലിന്റെ അടുത്ത പാർട്ട് എന്തായി എന്ന് കാണാനുള്ള ആഗ്രഹമാണ് അടുത്ത ജന്മത്തിൽ വരുമ്പോഴും അതിന്റെ തുടരും കാണാൻ വന്നിരിക്കാം അപ്പൊ ജന്മാന്തരഘ്നമുച്ചത്തെ വരുന്ന ജന്മങ്ങളിലൊക്കെ ഈ വാസനയും പേറിക്കൊണ്ട് നടക്കും വിഷയം വിഷത്തിനും വിഷയത്തിനും അത്ര വ്യത്യാസം ഈ വിഷയങ്ങളെ അനുസന്ധാനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വീണ്ടും എന്താവും സംഘ സ്ഥേഷുപചാരിത അത് മനസ്സിൽ ഇങ്ങനെ പറ്റി പിടിക്കും എന്നാണ് സംഘം ഉണ്ടാവും സംഘം ഉണ്ടാവുമ്പോ മനസ്സിലിങ്ങനെ പറ്റി പിടിക്കും കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ വാസ്തവമായിട്ട് തോന്നും ഇന്നത്തെ ചെറിയ കുട്ടികളൊക്കെ ടി വിയുടെയും സിനിമയുടെയും ലോകത്തിൽ വളർന്നിട്ട് അച്ഛൻ അമ്മ കുടുംബം മുതലായ ലോകത്തിനേക്കാളും അവർക്ക് ആ കാണിക്കുന്ന ലോകമാണ് കൂടുതൽ സത്യമായിട്ട് തോന്നണത് അങ്ങനെ ഒരു അവസ്ഥാ വിശേഷം എന്ന് കാരണം എന്താ അത് ആ സ്വപ്ന സത്യമായിട്ട് അവർക്ക് പ്രകാശിക്കും മുമ്പില് അതാണ് സംഘം അത് മുമ്പില് കാണുക അതൊക്കെ വാസ്തവമായിട്ട് തോന്നുക തമിഴ്നാട്ടിലൊക്കെ നോക്കൂ എത്ര കാലമായിട്ട് ആ സിനിമാക്കാരുടെ അടിമകളായിട്ടിരിക്കണം തമിഴന്മാര് അവർക്ക് സിനിമ തന്നെ ജീവിതം സിനിമ തന്നെ ശാസ്ത്രം സിനിമാക്കാർ തന്നെ ഭരിക്കണം എല്ലാം കാരണം എന്താ അതിങ്ങനെ ആ ഭാവനയിലിങ്ങനെ അവരൊക്കെ ഹീറോ ആയി അവർ തന്നെ ജീവിത ആദർശ പുരുഷന്മാരാക്കി മാറ്റിയിരിക്കും അതിങ്ങനെ സങ്കല്പം സങ്കല്പം സിനിമ എന്ന് വെച്ചാൽ എന്താ സങ്കല്പല്ലേ നാടകം എന്ന് വെച്ചാൽ സങ്കല്പല്ലേ ആ സങ്കല്പ പ്രഭവാൻ കാമാൻ സങ്കല്പത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഈ വസ്തുക്കള് ദർശനങ്ങള് അതിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാവുന്നത് ഒരു ശ്ലോകത്തില് ഒരു ഭക്തൻ പറഞ്ഞു കാമജാനാമി തേ മൂലം ഹി ജായസേ നാം സങ്കല്പയിഷ്യാമി സമൂലസ്ത്വം വിനങ്ക്ഷ്യസേ ഹേ കാമേ ആഗ്രഹമേ തന്റെ മൂലം എന്താന്ന് എനിക്കറിയാം സങ്കല്പത്തിൽ നിന്നാണ് നീ ജനിക്കണത് ഇനമെ ഇനി ഞാൻ സങ്കല്പിക്കില്ല അങ്ങനൊരു വ്രതം ഞാൻ എടുക്കുകയാണ് അതുകൊണ്ട് നീ വേരോട് അറ്റുപോകും എന്നാണ് സങ്കല്പിക്കാതെ വിഷയത്തിന്റെ നടുവിൽ നിൽക്കാമെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാധിക്കുമെങ്കിൽ ജ്ഞാനികൾ കണ്ണാടി പോലെയാണ് എന്ന് വാസിഷ്ടം പറഞ്ഞു കണ്ണാടിയുടെ മുമ്പിൽ ഒരാൾ നിന്നാൽ പ്രത്യക്ഷ ക്ലിയറായിട്ട് കാണും പക്ഷെ അയാൾ അവിടുന്ന് നീങ്ങിക്കഴിഞ്ഞാൽ കണ്ണാടിയിൽ ഒരു മാർക്ക് പോലും ഉണ്ടാവില്ല അല്ലെ എന്ന ആളുടെ അതുപോലെ ലോകവ്യവഹാരങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു പോറല് പോലും ഉള്ളിലേൽക്കാതെ യാതൊന്നും ഉള്ളില് വഹിച്ചുകൊണ്ട് നടക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അയാൾ വിശിഷ്ടനാണ് പക്ഷെ ഇത് സാധ്യമല്ല സാധാരണ തലത്തില് നമുക്ക് മനസ്സ് പ്രബലമായിട്ടുള്ളത്തോളം കാലം സങ്കല്പം നമ്മളെ ബാധിക്കും പുറമേക്കുള്ള സങ്കല്പം അകമേക്ക് കിടക്കും സ്വപ്നം അതുകൊണ്ടാണല്ലോ കാണുന്നത് രാത്രി രാത്രി സ്വപ്നം കാണാൻ മുഴുവൻ കാരണം അതാണ് രാത്രി ഈ പലതും കണ്ടിട്ട് സ്വപ്നത്തിൽ ചിലര് എഴുന്നേറ്റ് നടക്കും ചിലര് പല കാര്യങ്ങളും ചെയ്യും രാത്രി പകല് കണ്ട സ്വപ്നമാണേ രാത്രി ഒരാളെ പറഞ്ഞു കുറച്ച് സ്വപ്നം കണ്ടിട്ടേ രാത്രി ആളെ കിടക്കയില് കാണാനില്ല എണീറ്റ് നോക്കുമ്പോ ഒരു തൂണില് പിടിച്ച് പിടിച്ച് ഇറങ്ങാം അയാളോട് ചോദിച്ചു എന്താ ചെയ്യണോ ചോദിച്ചു ആരോ എന്നെ രാത്രി തെങ്ങിന്റെ മേലെ കയറ്റി ഞാനിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് എന്താ പറയുക സ്വപ്നം കണ്ടത് വാസ്തവമെന്ന് കരുതി അടുത്തുള്ള തൂണിൽ കയറി സങ്കല്പം ശരീരത്തിനെയും പ്രവർത്തിപ്പിക്കും സങ്കൽപാത്വം ഹിജായസെ അപ്പൊ സങ്കല്പപ്രഭവാൻ കാമാൻ സങ്കല്പത്തുനിന്ന് പൊന്തുന്ന ആഗ്രഹങ്ങൾ സങ്കല്പിച്ച് സങ്കല്പിച്ച് അത് വേണം എന്ന് തോന്നും അതാണ് ധ്യാ സങ്കാത്ത് സഞ്ചായത്തെ നടന്നിട്ടില്ലെങ്കിലോ ആഗ്രഹം നടന്നിട്ടില്ലെങ്കിൽ കോപം അല്ലെ ആഗ്രഹം നടന്നിട്ടില്ലെങ്കിൽ നടക്കാത്തതിനോട് കോപം കാമാരോധോപിചായ പിന്നെ പടിപടിപടിയായിട്ട് ബുദ്ധിനാശം പ്രണശ്യത് അപ്പോ സങ്കല്പത്തിൽ നിന്ന് ഉദിക്കുന്ന കാമനകളെ അടക്കുകയാണ് തെക്വാ സർവാനശേഷത അശേഷത നിശേഷം ഉള്ളിൽ നിന്നും സങ്കല്പത്തിനെ നീക്കുകയാണ് സങ്കല്പത്തിനെ എങ്ങനെ നീക്കും സങ്കല്പിക്കാതിരിക്കുന്നത് എങ്ങനെ അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാൻ ഈ ശ്ലോകത്തില് സങ്കല്പത്തിൽ നിന്നും ഉദിക്കുന്ന ആഗ്രഹങ്ങളെ അശേഷത ത്യജിച്ച് മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയ ഗ്രാമം ഗ്രാമം എന്ന് വെച്ചാൽ കൂട്ടം നമ്മൾ ഇരിഞ്ഞാലക്കുട ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ജനങ്ങൾ വസിക്കുന്നത് കൊണ്ട് ഗ്രാമം എന്ന് പറഞ്ഞു ഇന്ദ്രിയങ്ങളുടെ കൂട്ടത്തിനെ മനസ്സുകൊണ്ട് തന്നെ നിയമനം ചെയ്തു മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ ഹൃദയത്തിൽ അടക്കി വിനിയമ്യ സമന്തത എല്ലാ തരത്തിലും കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്കവും എല്ലാം നിയന്ത്രണം ചെയ്യുന്നത് എങ്ങനെ കാണുന്നതും അറിയപ്പെടുന്നതും ഒക്കെ ഭഗവത് സ്വരൂപമാണ് ഭഗവാനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പതുക്കെ ശമിപ്പിക്കണം അതില്ലാതെ വരെ മാർഗമില്ല മനസൈവ ഇന്ദ്രിയ ഗ്രാമം മനസ്സില് സർവാത്മഭാവം വരിച്ചുകൊണ്ട് സർവേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവത്തിനെ ദിവ്യമാക്കിക്കൊണ്ട് കാണുന്നതൊക്കെ ബ്രഹ്മമയമാണ് ഭഗവത് സ്വരൂപമാണ് ഭഗവാനല്ലാതെ ഇവിടെ മറ്റൊരു വസ്തു എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് കാണുന്ന രൂപമൊക്കെ ഭഗവാന്റെ രൂപമാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് പതുക്കെ വാസനാക്ഷയം ഏർപ്പെടുത്തി മനസ്സുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ അടക്കുക പിന്നീട് എന്തു ചെയ്യണം ശനൈഹി ശനൈഹി ഉപരമേത്ത് ശനൈഹി എന്ന് വെച്ചാൽ പതുക്കെ എന്നാണ് ധൃതി കൂട്ടണ്ട ധൃതി കൂട്ടിയാൽ ശനൈഹി ശനൈഹി ഉപരമേത് പതുക്കെ പതുക്കെ പദക്ക മനസ്സിനെ ശമിപ്പിച്ചെടുക്കാം ഹഠയോഗം എന്നൊന്നുണ്ട് ഹഠയോഗം എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള യോഗം എന്നാണ് അത് പെട്ടെന്ന് പോയി വലിച്ചു നിർത്തിയിട്ട് കാര്യമല്ല ശനൈഹി ശനൈഹി ഉപരമേത് പതുക്കെ പതുക്കെ ചിത്തവൃത്തികൾ ഓരോന്ന് പൊന്തുമ്പോഴും വാസനകൾ ഓരോന്ന് പൊന്തുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കിയാ ഈ വാസന എവിടെയാ പൊന്തണത് എന്നിൽ കുറച്ചുനേരം മുമ്പ് ഈ വാസന ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇണ്ട് നീ കൊറച്ചു കഴിഞ്ഞാൽ പൊണ്ടാവില്ല അതുകൊണ്ട് ആ വാസനയുമായി യാതൊരു ബന്ധവും ഞാൻ പുലർത്തുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മതി സ്ക്രീനിൽ എന്തോ ഒരു വൃത്തികെട്ട ചിത്രം കാണുന്ന പോലെ എന്റെ ഉള്ളിൽ ഇതാ ഒരു വാസന പൊന്തിയിരിക്കുന്നു നിൽക്കുന്നു അസ്തമിക്കും എന്റെ സഹായം കൂടാതെ ആ വാസനയ്ക്ക് ജീവൻ ഉണ്ടാവില്ല അത് പ്രാവർത്തിക തലത്തിൽ വരില്ല ഇതൊക്കെ തന്നെ എന്നിൽ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഞാൻ ഇതുകൊണ്ട് സ്പർശിക്കപ്പെടാത്ത നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് എന്ന് അറിഞ്ഞാ മതി ഈ വാസനകൾ പൊന്തും നിൽക്കും അസ്തമിക്കും ഇങ്ങനെ വാസനകളെ ആത്മാവിൽ അടക്കാൻ മൂലത്തിൽ അടക്കാൻ ഉള്ള തപസ്സുണ്ടെങ്കിൽ ഓരോ വികാരം പൊന്തുമ്പോഴും ചിത്തവൃത്തികൾ പൊന്തുമ്പോഴും ജാഗ്രതയോടുകൂടി വിട്ടു നിൽക്കുന്നു വിട്ടുനിൽക്കുന്നു ഒരു സന്യാസിനിയമ്മ ആ അമ്മ വളരെ ശാന്തമാണ് അപ്പൊ ആ എല്ലാവർക്കും ആശ്രമത്തിലുള്ള പണിയൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ അമ്മയോട് ഒരു ബ്രഹ്മചാരി ചോദിച്ചു അമ്മക്ക് നല്ല വയസ്സായി കഴിഞ്ഞുവല്ലോ അപ്പൊ അമ്മയോട് ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് അമ്മക്ക് ദേഷ്യമേ വരലേ ചോദിച്ചു ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ലല്ലോ അമ്മ പറഞ്ഞു പിന്നെല്ലാതെ കുട്ടി ദേഷ്യം വരാതിരിക്കോ മനുഷ്യനായ എനിക്കും ദേഷ്യം വരുന്നു അപ്പൊ അമ്മ ദേഷ്യം വന്നാൽ എന്തു ചെയ്യും ദേഷ്യം വന്നാൽ ആ കുറെ പേരുടെ തുണി അലക്കാനുണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോയി അലക്കും വേറെ എന്തു ചെയ്യാനാ ദേഷ്യവും പൊയ് കിട്ടും തുണിയും അലക്കി കിട്ടും ഇപ്പൊ ആരോട് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ദേഷ്യപ്പെട്ടൊരു കാര്യം നടക്കും അപ്പൊ അപ്പൊ അതിങ്ങനെ ഉള്ളിൽ പൊന്തും മനുഷ്യനായാ വരാതിരിക്കോ അത് വരും ഇതൊക്കെ സങ്കല്പത്തു നിന്ന് ഉദിക്കും ഉദിച്ചു കഴിഞ്ഞാൽ അതിനെ അവിടെ തന്നെ അത് എനർജിയാണ് ഊർജമാണ് ചിത്തവൃത്തികളൊക്കെ തന്നെ ഊർജ്ജമാണ് ഈ ഊർജങ്ങളൊക്കെ ഊർജമൊക്കെ നമ്മളുടെ ഉള്ളില് നമ്മുടെ സ്വരൂപത്തു നിന്നാണ് അത് നെഗറ്റീവ് എനർജി ആവട്ടെ പോസിറ്റീവ് എനർജി ആവട്ടെ സ്നേഹം മുതലായിട്ടുള്ളതൊക്കെ പോസിറ്റീവാണ് ദേഷ്യം വെറുപ്പ് കാമം ഇതൊക്കെ നെഗറ്റീവാണ് പക്ഷെ രണ്ടിന്റെ മൂലം ഒന്നാണ് രണ്ടു ഒരേ സ്ഥലത്തു നിന്നാണ് പൊന്തിണത് രണ്ടിന്റെ ഉള്ളിലുള്ള സ്റ്റഫ് ഒരേ കാര്യം ഒരേ സാധനം തന്നെ ബോധത്തിൽ നിന്ന് പൊന്തുന്നതൊക്കെ ബോധം തന്നെ ചൈതന്യത്തിൽ നിന്നും എന്തു പൊന്തിയാലും അതൊന്നും ചൈതന്യത്തിൽ നിന്ന് അന്യമല്ല ഈ ഒരു തത്വം അറിഞ്ഞാൽ തന്നെ ഇതൊക്കെ ചൈതന്യം അനേക വേഷം കെട്ടി നമ്മളുടെ മുമ്പിൽ വരുന്നു ആത്മാവിൽ ഒരു നാമരൂപം പൊന്തുന്നു ആത്മാവിൽ ചിത്തവൃത്തി പൊന്തുന്നു ഈ ചിത്തവൃത്തികളൊന്നും ആത്മാവിനെ സ്പർശിക്കണില്ല എന്ന് ജ്ഞാനത്തോടുകൂടെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഓരോ വികാരം വരുമ്പോഴും വിട്ടുനിന്നോടാം സഹിച്ചോടാം മുറിക്കകത്ത് വാതിലടച്ചിരുന്ന് കാണുക വിട്ടു നിൽക്കുക അല്ലെങ്കിൽ മനസ്സിനെ പൂർണ്ണമായും ഭഗവാന് സമർപ്പിക്കാം എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി ഉപരമേത്ത് ആത്മാവിനോട് അടുക്കലാണ് ഉപരമണം ആത്മാവിനോട് അടുക്കൽ എന്ന് വെച്ചാൽ മനസ്സില് ചിത്തവൃത്തികൾ കുറഞ്ഞു കുറഞ്ഞു വരൽ ഈ ഒരു ചെറിയ സാധനം നമ്മൾ ചെയ്താൽ മതി രാവിലെ മുതൽ രാത്രി വരെ ഉണർന്നിരിക്കുന്ന സമയത്ത് അധികമായിട്ട് ചിത്തവൃത്തികൾ ഉദിക്കാൻ അനുവദിക്കാതെ ഇരുന്നാൽ മാത്രം മതി വലിയ ഒരു സാധനയും തപസ്സും ഒന്നും വേണ്ട നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചിത്തവൃത്തികൾ വസ്തുക്കളോടോ വ്യക്തികളോടോ അടുക്കാതിരിക്കുക വ്യവഹാരത്തിൽ കുറച്ച് ജാഗ്രതയോടുകൂടെ പിശുക്കോടുകൂടെ ഇരിക്കുക ചിത്തവൃത്തികളിൽ പണത്തിലല്ല ചിത്തവൃത്തികൾ ഉപയോഗിക്കുന്നതിൽ പിശുക്ക് കാണിച്ചാൽ നമുക്ക് ശാന്തി ഉണ്ടാവും അധികം മനസ്സിനെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച് അശാന്തി ഉണ്ടാക്കരുത് ഇത് കുറച്ച് ജാഗ്രതയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൂലധനം ഉള്ളത് നമ്മളുടെ ഉള്ളിലുള്ള ഈ ഊർജമാണ് ആ ഊർജം ആ മൂലധനം ചെലവായി പോവാതിരിക്കണമെങ്കിൽ ചിത്തവൃത്തികളുടെ രൂപത്തിൽ അത് പൊന്താൻ അനുവദിക്കാതെ നോക്കിയാൽ മതി അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ധൃതിഗ്രഹീതയാ ഭഗവാൻ പറഞ്ഞു ഇച്ഛാശക്തി കൊണ്ട് പിടിച്ചു നിർത്താറുണ്ട് ധൃതി എന്ന് വച്ചാൽ ഇച്ഛാശക്തി ധൃതി എന്നുള്ള വാക്കിന് ഭഗവാൻ തന്നെ വ്യാഖ്യാനം ചെയ്യുന്നു ധൃത്യാധാരയത്തെ മനഃപ്രാണ ഇന്ദ്രിയക്രിയാ യോഗേന അവ്യഭിചാരി പിന്നീട് പറയാൻ പോകുന്നു ഇതൊക്കെ സാത്വികമായ ധൃതി എന്താന്ന് വെച്ചാൽ മനസ്സ് ആത്മാവിനെ വിട്ടു മറ്റു വസ്തുക്കളിൽ വ്യഭിചരിക്കാതെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അടങ്ങിയിരുന്ന് നമുക്ക് സുഹൃത്തുക്കളായിട്ട് തീരുന്നു ഇന്ദ്രിയങ്ങളൊക്കെ എപ്പോ നമുക്ക് ശത്രുക്കളായിട്ട് തീർന്നു പഞ്ചസാര കഴിക്കാൻ പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുമ്പോ സാരവും ഇല്ല പായസം മുമ്പിൽ കാണുമ്പോ എങ്ങനെ കഴിക്കാതിരിക്കും എന്ന് പറഞ്ഞ് കഴിക്കുമ്പോ നാവ് ശത്രുവായിട്ട് തീർന്നു വേണ്ടാത്തരം കാണണ്ട എന്ന് വിചാരിച്ചാൽ കണ്ണ് നമ്മളെ സമ്മതിക്കാതെ നമ്മൾ വലിച്ചുകൊണ്ട് പോകുമ്പോ കണ്ണ് ശത്രുവായിട്ട് തീർന്നു ജിഹ്വൈകത്തോമും ഉപകർഷതി കൊച കർമ്മശക്തി ഭഗവതത്തിൽ പ്രഹ്ലാദം പറയുന്നു നാവ് ഒരു വശത്തേക്ക് വലിക്കുന്നു ഭഗവാനെ കണ്ണു ഒരു വശത്തേക്ക് വശിക്കുന്നു വലിക്കുന്നു കർമ്മേന്ദ്രിയങ്ങൾ ഒരു വശത്തേക്ക് വലിക്കുന്നു ബഹ്യസപജ്ഞ അനേകം കല്യാണം കഴിച്ച ഒരു ആളുടെ സ്ഥിതി പോലെ ആയി എന്നാണ് ഓരോ ഭാര്യ ഓരോ വശത്തേക്ക് വലിച്ച മനുഷ്യനെ പോലെ ആയി അത്ര ബഹുവ്യ സപജ്ഞത്തി ലുനന്തി അപ്പോ ഇന്ദ്രിയങ്ങളും മനസ്സും പതുക്കെ വശപ്പെട്ട് ഭഗവാന് ശരണാഗതി ചെയ്ത ശാന്തി പതുക്കെ പതുക്കെ ഉണ്ടാക്കാൻ ഇച്ഛാശക്തി തീരുമാനമെടുക്കണം എനിക്ക് ശാന്തി ഉണ്ടാവണം എനിക്ക് തൃപ്തി ഉണ്ടാവണം അതിന് ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കപ്പെടണം മനസ്സ് അടക്കപ്പെടണം അതിന് ഞാൻ ഇന്നുമുതൽ ശ്രമിക്കും ജപം ചെയ്യും ധ്യാനം ചെയ്യും ഗീത പഠിക്കും പതുക്കെ പതുക്കെ പതുക്കെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യും എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇച്ഛാശക്തിയോടുകൂടെ തീരുമാനിച്ചോളൂ തീരുമാനിച്ച് അത് നടപ്പില് വരുത്തണം നിലവിൽ കൊണ്ടുവരണം ആത്മസംസ്ഥം മനഃ കൃത്വ അങ്ങനെ മനസ്സ് അന്തർമുഖമായി തിരിഞ്ഞ് ആത്മസംസ്ഥം ആത്മാവിൽ സമ്യക് സ്ഥിതം ആത്മാവിൽ ഇരുത്ത് ആ മനസ്സിനെ എന്നാണ് ആത്മാവിൽ എങ്ങനെ ഇരുത്തും ആത്മാവ് എന്താണ് ഞാൻ എന്നുള്ള ഉണർവാണ് ആത്മാവ് ഞാൻ എന്നുള്ള അനുഭവമാണ് ആത്മാവ് മനസ്സിനെ ആത്മാവിൽ ഇരുത്തുക എന്ന് വെച്ചാൽ മനസ്സ് ആത്മാവിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് പക്ഷെ ആത്മാവിലല്ല എന്നുള്ള രീതിയിൽ അതിൽ നാമരൂപങ്ങൾ പൊന്തി തോന്നിപ്പിക്കുന്നു മനസ്സ് ഇപ്പോഴും ആത്മാവിലാണ് ചിത്തവൃത്തികൾ ഇല്ലെങ്കിൽ ഉള്ളത് ആത്മാവാണ് മനസ്സടങ്ങിയാൽ ഉള്ളത് ആത്മാവാണ് നമ്മുടെ സ്വരൂപമേ ആത്മാവാണ് അപ്പൊ ആത്മാവിൽ നിന്നും മനസ്സ് എന്ന് പറയുന്ന സങ്കല്പശക്തി പൊന്തുമ്പോ മനസ്സിനെ ആത്മാവിൽ ഇരുത്തണമെങ്കിൽ ഈ ചിത്തവൃത്തികളൊക്കെ ആർക്കു പൊന്തുണു എന്ന് ചോദിക്കാം എനിക്ക് പൊന്തുണു ഓരോ ചിത്തവൃത്തിയും ജാഗ്രതയോടുകൂടെ എവിടുന്ന് പൊന്തുണു എന്ന് നോക്കിയാൽ ഞാൻ എന്നുള്ള പ്രഥമ വികാരം പൊന്തുന്ന നിന്നാണ് പൊന്തുണത് അപ്പൊ ഞാൻ എവിടുന്ന് പൊന്തുണു ഞാൻ എന്താണ് ഈ ഞാൻ ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്നിങ്ങനെ ജാഗ്രതയോടുകൂടെ വീക്ഷിച്ചാൽ മനസ്സ് എവിടെയോ ചെന്നുമറിയും അവിടെ ഞാൻ എന്നുള്ള അഹങ്കാരം ഇല്ലാതായിട്ട് ഞാൻ എന്നുള്ള അസ്തിത്വം പ്രകാശിക്കും ഞാൻ എന്നുള്ള അനുഭവം കേവല അനുഭവം അതൊരു വ്യക്തിബോധമല്ല കേവലമായ അനുഭവം ശാന്തി ഉണർവ് ഊർജം അസ്തിത്വം അതവിടെ പ്രകാശിക്കും ഇതാണ് ആത്മാവിൽ മനസ്സിനെ ഇരുത്തൽ എന്ന് പറയുന്നത് ഇതിന് നമുക്ക് ഏതെങ്കിലും ജപത്തിനെ സഹായമായിട്ട് സ്വീകരിക്കാം ഈ പറഞ്ഞ വിചാരമാർഗം സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോ നമ്മള് ഉള്ളിലിങ്ങനെ രാമനാമം ജപിക്കുകയാണെങ്കിൽ ആ നാമത്തിനെ തന്നെ പ്രഥമ വൃത്തിയായിട്ട് മനസ്സിന്റെ ആകെ നാമമായി മാറണം മനസ് അനേക ചിത്തവൃത്തികളായിട്ടുള്ള മനസ്സ് ഒരേ രൂപത്തിലും ഉള്ളിൽ സ്ഥിക്കണം അതായത് നാമത്തിന്റെ രൂപത്ത് ഇപ്പൊ തന്നെ മനസ്സ് നാമരൂപങ്ങളാണല്ലോ മനസ്സ് ചിത്തവൃത്തികളൊക്കെ സൂക്ഷ്മമാവുമ്പോൾ മനസ്സാവും ചിത്തവൃത്തികൾ തന്നെ മനസ്സ് ശബ്ദം സൂക്ഷ്മമാവുമ്പോ ചിത്തവൃത്തിയാവും അതേപോലെ രാമ എന്നുള്ള ആ ശബ്ദം സൂക്ഷ്മരൂപം കൊണ്ട് ചിത്തവൃത്തിയുടെ തലത്തിൽ മാത്രം നിന്നുകൊണ്ടിരുന്നാൽ അത് ഒരേ ശബ്ദത്തിൽ നിൽക്കും അത് ക്രമേണ മൂലത്തില് അതൊരു സ്ഥലത്ത് ചെന്ന് ലയിക്കുമ്പോ മനസ്സ് ഇല്ലാത്ത ഒരു സ്ഥിതി സങ്കല്പം ചിത്തവൃത്തികൾ ഇല്ലാത്ത ഒരു സ്ഥിതി അവിടെ സ്വരൂപം ശാന്തി നിർവൃത്തി നല്ല ആകാശം പോലെ മേഘമില്ലാത്ത ആകാശം പോലെ നക്ഷത്രങ്ങളൊന്നും മേഘമൊന്നും അല്പവും മേഘം ഇല്ലാത്ത പൊടിപടലങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം പോലെ അവിടെ ഒരു അസ്തിത്വം ശാന്തി പ്രകാശിക്കും അത് നമ്മളുടെ സ്വരൂപമാണ് അതൊന്നും നോക്കാനേ പ്രസംഗം ചെയ്തുകൊണ്ടേ ആരെങ്കിലും ഇത് പഠിച്ചുവോ നേരെ തെളിഞ്ഞോ എന്ന് പോലും നോക്കരുത് നോക്കിയാൽ കുടുങ്ങിപ്പോവും പിന്നെ ചെയ്യണ്ടാന്ന് തോന്നും അതുകൊണ്ട് ഫലത്തിലേക്ക് നോക്കാനേ പാടില്ലാന്നാണ് ആളുകൾ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ എന്ത് ഫലം വേണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ത് വേണമെങ്കിലും നഷ്ടമായിക്കോട്ടെ യജ്ഞം ചെയ്തുകൊണ്ടേ ജീവിക്ക ജീവിതം മുഴുവനും യജ്ഞം ചെയ്യുന്നത് മറ്റുള്ളവർക്കല്ല പ്രയോജനം ചെയ്യണ ആൾക്കാണ് അല്ലാതെ മറ്റുള്ളവർക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് നോക്കരുത് ചെയ്യുന്തോറും ഉള്ള ചിത്തം തെളിഞ്ഞു തെളിഞ്ഞു വരിക മനം മനസ്സ് പ്രസന്നമായി വരികയെങ്കിൽ നമ്മൾ കർമ്മയോഗിയാണെന്ന് അല്ലെങ്കിൽ കർമ്മയോഗിയായിട്ട് നടിക്കുന്നതൊക്കെ വളരെ എളുപ്പം പക്ഷെ കർമ്മയോഗം അത്ര എളുപ്പമല്ല കർമ്മയോഗത്തിന്റെ ലക്ഷണം തന്നെ പ്രവർത്തിക്കും ഉള്ളിൽ ആനന്ദം കൂടുന്നുണ്ടോ പ്രവർത്തിക്കും സ്വാർത്ഥത പോകുന്നുണ്ടോ പ്രവർത്തിക്കും മനസ്സ് സാധാരണമായിട്ട് പ്രവർത്തിച്ചാൽ മനസ്സ് കൂടുതൽ ചഞ്ചലമാവുക ചെയ്യുക വേണമെങ്കിൽ നോക്കുകയുള്ള എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി എടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടെൻഷൻ ഉറക്കമില്ലായ്മ അല്ലേ ചെറിയ ചെറിയ പ്രവർത്തി എടുക്കുന്ന ആളുകൾക്ക് തന്നെ പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യ കോലാഹലമായിട്ട് നടക്കുമ്പോ അതിന് മുഴുവൻ കാരണവുമായിട്ട് നടന്നിരുന്ന ഗാന്ധിജി ഉണ്ടല്ലോ അതിന് അദ്ദേഹത്തിന് പലരും സ്വാർത്ഥം വിളിച്ചിരുന്നു ആ ഒരു കാര്യത്തിന് അദ്ദേഹം സുഖമായിട്ട് പത്തും